അധ്യായം നാൽപ്പത്തിനാല് അ ദുഹാൻ മക്കയിൽ അവതരിച്ചത് പത്താം വചനത്തിൽ പുകയെപ്പറ്റിയുള്ള പരാമർശമാണ് ദുഹാൻ എന്ന പേരിന് നിദാനം സ്പഷ്ടമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്ന ആ രാത്രിയിൽ യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിച്ചു വിവരിക്കപ്പെടുന്നു അതെ നമ്മുടെ പക്കൽ നിന്നുള്ള കൽപ്പന തീർച്ചയായും നാം ദൂതന്മാരെ നിയോഗിച്ചുകൊണ്ടിരിക്കുന്നവനാകുന്നു നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു കാരുണ്യമത്രേ അത് തീർച്ചയായും അവൻ തന്നെയാകുന്നു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻറെയും രക്ഷിതാവ് നിങ്ങൾ ദൃഢവിശ്വാസമുള്ളവരാണെങ്കിൽ അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ പൂർവപിതാക്കളുടെ രക്ഷിതാവും ആയിട്ടുള്ളവൻ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 നാം പിടിക്കുന്ന ദിവസം തീർച്ചയായും നാം ശിക്ഷാനടപടി സ്വീകരിക്കുന്നതാണ് ഇവർക്കു മുമ്പ് ജനതയെ നാം പരീക്ഷിച്ചിട്ടുണ്ട് മാന്യനായ ഒരു ദൂതൻ അവരുടെ അടുത്ത് ചെന്നു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 കൃഷികളും ും മാന്മായ അവർ ആഹ്ലാദപൂർവം അനുഭവിച്ചിരുന്ന അങ്ങനെയാണത് കലാശിച്ചത് അതെല്ലാം മറ്റൊരു ജനതയ്ക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അപ്പോൾ അവരുടെ പേരിൽ ആകാശവും ഭൂമിയും കരഞ്ഞില്ല അവർക്ക് ഇടകൊടുക്കപ്പെടുകയും ഉണ്ടായില്ല ഇസ്രായേൽ സന്തതികളെ അപമാനകരമായ ശിക്ഷയിൽ നിന്ന് നാം രക്ഷിക്കുക തന്നെ ചെയ്തു തീർച്ചയായും അവൻ അഹങ്കാരിയായിരുന്നു അതിക്രമകാരികളിൽപ്പെട്ടവനുമായിരുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ തീർച്ചയായും അവരെ നാം ലോകരെക്കാൾ ഉത്കൃഷ്ടരായി തെരഞ്ഞെടുക്കുകയുണ്ടായി വ്യക്തമായ പരീക്ഷണം ഉൾക്കൊള്ളുന്ന ചില ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് എന്നാൽ ഇക്കൂട്ടരിത പറയുന്നു നമ്മുടെ ഒന്നാമത്തെ മരണമല്ലാതെ മറ്റൊന്നുമില്ല നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരുമല്ലിയും അതിനാൽ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഞങ്ങളുടെ പിതാക്കളെ നിങ്ങൾ ജീവിപ്പിച്ചു കൊണ്ടുവരിക എന്ന് ഇവരാണോ കൂടുതൽ മെച്ചപ്പെട്ടവർ അതല്ല തുഴിന്റെ ജനതയും അവർക്കു മുമ്പുള്ളവരുമാണോ അവരെയെല്ലാം യുണ്ടായി കാരണം അവർ കുറ്റവാളികളായിരുന്നത് തന്നെ ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും നാം കളിയായി കൊണ്ട് സൃഷ്ടിച്ചതല്ല ശരിയായ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് നാം അവയെ സൃഷ്ടിച്ചത് പക്ഷേ അവരിൽ അധിക പേരും അറിയുന്നില്ല തീർച്ചയായും ആ നിർണായക തീരുമാനത്തിൻ്റെ ദിവസമാകുന്നു അവർക്കെല്ലാമുള്ള നിശ്ചിത സമയം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 ഇന്ന ുംക്കൂക്ഷത്തിൽ ഉരുകിയ ലോഹം പോലിരിക്കും അതിന്റെ കനി അത് വയറുകളിൽ തിളക്കും ചുടുവെള്ളം തിളക്കുന്നത് പോലെ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 ഇത് ആസ്വദിച്ചോളൂ തീർച്ചയായും നീ തന്നെയായിരുന്നല്ലോ പ്രതാപിയും നിങ്ങൾ ഏതൊരു കാര്യത്തിൽ സംശയാലുക്കളായിരുന്നുവോ ആ കാര്യമത്രേ ഇത് സൂക്ഷ്മത പാലിച്ചവർ തീർച്ചയായും നിർഭയമായ വാസസ്ഥലത്താകുന്നു തോട്ടങ്ങൾക്കും അരുവികൾക്കുമിടയിൽ നേർത്ത പട്ടു തുണിയും കട്ടിയുള്ള പട്ടുതുണിയും അവർ ധരിക്കും അവർ അന്യോന്യം അഭിമുഖമായിട്ടായിരിക്കും അങ്ങനെയാകുന്നു അവരുടെ അവസ്ഥ വിശാലമായ നേത്രങ്ങളുള്ള വെളുത്ത സ്ത്രീകളെ അവർക്ക് ഇണകളായി നൽകുകയും ചെയ്യും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 നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഔദാര്യമത്രേ അത് അത് തന്നെയാണ് മഹത്തായ ഭാഗ്യം നിനക്ക് നിന്റെ ഭാഷയും ഈ ഖുർആാനിനെ നാം ലളിതമാക്കി തന്നിട്ടുള്ളത് അവർ ആലോചിച്ചു മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാകുന്നു فَأَبْتَقِبِ إِنَّهُمْ مُبْتَقِبُونَ آگا يا لنهي كاتره كوغا آوهرم كاتره كونا برطانيا آگونيا